യൂണിറ്റ് ട്വൽ ലെസൺ അവൾക്ക് നീ പറഞ്ഞു കൊടുത്തേ തീരൂ നോക്കൂ അച്ഛാ ഈ ചേട്ടൻ എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല ടീച്ചർ ഇന്നലെ ഒരുപാട് ഗൃഹപാഠം ഇട്ടു തന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ വേണോ അത് അവൾ നിന്റെ അനിയത്തിയല്ലേ അച്ഛൻ അവൾക്ക് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു എന്നിട്ടും അവളുടെ തലയിലോട്ട് ഒന്നും കേറുന്നില്ല ചുമ്മാതാണ ചേട്ടൻ കള്ളം പറയുന്നു ചേട്ടൻ ഒരേ ഒരു കണക്ക് കാണിച്ചു പോയിക്കളഞ്ഞു അച്ഛാ അവൾ നുണയെ പറയൂ ഞാൻ കുറെ പാടുപെട്ടു പക്ഷേ അവൾ അവളുടെ ഇഷ്ടം പോലെ എന്തൊക്കെയോ എഴുതിവിടും അങ്ങനെ എല്ലാം തെറ്റിക്കും നിനക്കെന്താണിത്ര ധൃതി അവൾ കൊച്ചുകുട്ടിയല്ലേ അവൾക്ക് നീ കുറച്ച് സാവകാശത്തോടെ പറഞ്ഞുകൊടുത്തേ തീരു നിനക്ക് എവിടെയെങ്കിലും അലയാൻ പോകണമായിരിക്കും അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെണ്ടണം അതല്ലേ നിന്റെ ഒഴിവു ദിവസത്തെ പരിപാടി അച്ഛന് എന്നും എന്നെ വഴക്കു പറഞ്ഞേ തീരൂ അമ്മയ്ക്കും അതെ റാണിയെ കൊഞ്ചിച്ചു വഷളാക്കി കളഞ്ഞു എന്നോട് മാത്രം ഒരു പ്രത്യേകതയുമില്ല എന്റെ വാക്കുമാത്രം എല്ലാവരും നിസ്സാരമായി തള്ളിക്കളയും വേണു ഇവിടെ നോക്ക് എനിക്ക് ആരെയും വെറുതെ വഴക്കു പറയാൻ ആഗ്രഹമൊന്നുമില്ല രണ്ടുപേരും നന്നായി വളരണം നിങ്ങൾ എന്തിനെ തമ്മിൽ തല്ലുന്നു നീ വലിയ കുട്ടിയല്ലേ അനിയത്തിയുടെ കാര്യം നോക്കാൻ നീ അല്ലാതെ ആരുണ്ട് ഞാൻ എപ്പോഴും ഇവളെ സഹായിക്കും അച്ഛാ എന്നാലും ഇവൾക്ക് അച്ഛൻറെ അമ്മയുടെയും അടുത്തു വന്ന് പരാതി പറഞ്ഞേ പറ്റൂ അപ്പോഴേ തൃപ്തിയാവൂ റാണി നീ എന്തിനെ ശീലിക്കുന്നു എനിക്ക് കണക്ക് ഭയങ്കര പ്രയാസമാണച്ചാ ഒന്നും മനസ്സിലാവില്ല ചേട്ടനോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റില്ല അതുമാത്രം ചേട്ടൻ പറഞ്ഞു തന്നേ തീരൂ ബാക്കി വിഷയമൊക്കെ ഞാൻ തനിയെ പഠിച്ചുകൊള്ളാം അത് ശരി പിന്നെ നീ അവനെ പറ്റി പരാതി പറയരുത് എല്ലാം അവൻ പറഞ്ഞു തരുമല്ലോ നീ ശ്രദ്ധിച്ചു കേൾക്കണം അവിടെയും ഇവിടെയും നോക്കി ഇരുന്ന് കളയരുത് ലിസൺ ആൻഡ് റിപ്പീറ്റ് നോക്കൂ അച്ഛൻ എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല നോക്കൂ അച്ഛാ ഈ ചേട്ടൻ എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല ടീച്ചർ ഇന്നലെ ഒരുപാട് ഗ്രഹപാഠം ഇട്ടു തന്നു ടീച്ചർ ഇന്നലെ ഒരുപാട് ഗ്രഹപാഠം ഇട്ടു തന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കൊന്നും മനസിലാകുന്നില്ല എന്താ വേണു അത് എന്താ വേണു അത് അവൾ നിന്റെ അനിയത്തിയല്ലേ അവൾ നിന്റെ അനിയത്തിയല്ലേ അച്ഛൻ അവൾക്ക് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു അച്ഛാ ഞാൻ അവൾക്ക് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു എന്നിട്ടും അവളുടെ തലയിലോട്ട് ഒന്നും കേറുന്നില്ല എന്നിട്ടും അവളുടെ തലയിലോട്ട് ഒന്നും കേറുന്നില്ല ചുമ്മാതാണച്ചുമ്മാതാണച്ച ചേട്ടൻ കള്ളം പറയുന്നു ചേട്ടൻ കള്ളം പറയുന്നു ചേട്ടൻ ഒരേ ഒരു കണക്ക് കാണിച്ചു തന്നിട്ട് പൊയ്ക്കളഞ്ഞു ചേട്ടൻ ഒരേ ഒരു കണക്ക് കാണിച്ചു എന്നിട്ട് പോയി കളഞ്ഞു അച്ഛാ അവള് നുണയെ പറയൂ അച്ഛ് നുണയെ പറയൂ ഞാൻ കുറെ പാടുപെട്ടു ഞാൻ കുറെ പാടുപെട്ടു പക്ഷെ അവൾ അവളുടെ ഇഷ്ടം പോലെ എന്തൊക്കെയോ എഴുതിവിടും പക്ഷെ അവൾ അവളുടെ ഇഷ്ടം പോലെ എന്തൊക്കെയോ എഴുതിവിടും അങ്ങനെ എല്ലാം തെറ്റിക്കും അങ്ങനെ എല്ലാം തെറ്റിക്കും നിനക്കെന്താണിത്ര ധൃതി നിനക്കെന്താണിത്ര ധൃതി അവൾ കൊച്ചുകുട്ടിയല്ലേ അവൾ കൊച്ചു കുട്ടിയല്ലേ അവൾക്ക് നീ കുറച്ച് സാവകാശത്തോടെ അവൾക്ക് നീ കുറച്ച് സാവകാശത്തോടെ പറഞ്ഞു കൊടുത്തേ തീരൂ പറഞ്ഞു കൊടുത്തേ തീരൂ നിനക്ക് എവിടെയെങ്കിലും അലയാൻ പോകണമായിരിക്കും അല്ലെ നിനക്ക് എവിടെയെങ്കിലും അലയാൻ പോകണമായിരിക്കും അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെണ്ടണം രാവിലെ മുതൽ വൈകുന്നേരം വരെ തെണ്ടണം അതല്ലേ നിന്റെ ഒഴിവു ദിവസത്തെ പരിപാടി അതല്ലേ നിന്റെ ഒഴിവു ദിവസത്തെ പരിപാടി അച്ഛന് എന്നും എന്നെ വഴക്കു പറഞ്ഞേ തീരൂ അമ്മയ്ക്കും അച്ഛന് എന്നും എന്നെ വഴക്കുപറഞ്ഞേ തീരൂ അമ്മയ്ക്കും അതെ റാണിയെ കൊഞ്ചിച്ചു വഷളാക്കിക്കളഞ്ഞു അതെ റാണിയെ കൊഞ്ചിച്ചു വഷളാക്കിക്കളഞ്ഞു എന്നോട് മാത്രം ഒരു പ്രത്യേകതയുമില്ല എന്നോട് മാത്രം ഒരു പ്രത്യേകതയുമില്ല എന്റെ വാക്കുമാത്രം എല്ലാരും നിസ്സാരമായി തള്ളിക്കളയും എന്റെ വാക്കുമാത്രം എല്ലാരും നിസ്സാരമായി തള്ളിക്കളയും വേണു ഇവിടെ നോക്ക് വേണു ഇവിടെ നോക്ക് എനിക്ക് ആരെയും വെറുതെ വഴക്കു പറയാൻ ആഗ്രഹമൊന്നുമില്ല എനിക്ക് ആരെയും വെറുതെ വഴക്കു പറയാൻ ആഗ്രഹമൊന്നുമില്ല രണ്ടുപേരും നന്നായി വളരണം ുപേരും നന്നായി വളരണം നിങ്ങൾ എന്തിനിങ്ങനെ തമ്മിൽ തല്ലുന്നു നിങ്ങൾ എന്തിനിങ്ങനെ തമ്മിൽ തല്ലുന്നു നീ വലിയ കുട്ടിയല്ലേ വലിയ കുട്ടിയല്ലേ അനിയത്തിയുടെ കാര്യം നോക്കാൻ നീ അല്ലാതെ ആരുണ്ട് അനിയത്തിയുടെ കാര്യം നോക്കാൻ നീ അല്ലാതെ ആരുണ്ട് ഞാൻ എപ്പോഴും ഇവളെ സഹായിക്കും അച്ഛ ഞാൻ എപ്പോഴും ഇവളെ സഹായിക്കും അച്ഛ എന്നാലും എന്നാലും ഇവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുവന്ന് പരാതി പറഞ്ഞേ പറ്റൂ അടുത്തു വന്ന് പരാതി പറഞ്ഞേ പറ്റൂ അപ്പോഴേ തൃപ്തിയാവൂ അപ്പോഴേ തൃപ്തിയാവൂ റാണി നീ എന്തിനെ ശീലിക്കുന്നു റാണി നീ എന്തിനെ ശീലിക്കുന്നു എനിക്ക് കണക്ക് ഭയങ്കര പ്രയാസമാണ് അച്ഛക്ക് ഭയങ്കര പ്രയാസമാണ് അച്ഛാ ഒന്നും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല ചേട്ടനോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റില്ല ചേട്ടനോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റില്ല അത് മാത്രം ചേട്ടൻ പറഞ്ഞു തന്നേ തീരു അത് ചേട്ടൻ പറഞ്ഞു തന്നേ തീരൂ ബാക്കി വിഷയമൊക്കെ ഞാൻ തനിയെ പഠിച്ചുകൊള്ളാം ബാക്കി വിഷയമൊക്കെ ഞാൻ തനിയെ പഠിച്ചു കൊള്ളാം അത് ശരി അത് ശരി പിന്നെ നീ അവനെ പറ്റി പരാതി പറയരുത് പിന്നെ നീ അവനെ പറ്റി പരാതി പറയരുത് എല്ലാം അവൻ പറഞ്ഞു തരുമല്ലോ എല്ലാം അവൻ പറഞ്ഞു നീ ശ്രദ്ധിച്ച് കേൾക്കണം നീ ശ്രദ്ധിച്ച് കേൾക്കണം അവിടെയും ഇവിടെ നോക്കി ഇരുന്ന് കളയരുത് അവിടെയും ഇവിടെ നോക്കി ഇരുന്ന് കളയരുത് ഡ്രിൽ ചേട്ടൻ എനിക്ക് ഗൃഹപാഠം പറഞ്ഞു തരുന്നു ചേട്ടൻ എനിക്ക് ഗൃഹപാഠം പറഞ്ഞു തരുന്നു അമ്മ നിനക്ക് കഥ പറഞ്ഞു തന്നില്ലേ അമ്മ നിനക്ക് കഥ പറഞ്ഞു തന്നില്ലേ ഞാൻ മധുവിന് പാഠം പഠിപ്പിച്ചു കൊടുത്തു പാഠം പഠിപ്പിച്ചുകൊടുത്തു അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനം വാങ്ങി തന്നു അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനം വാങ്ങിത്തന്നു ഒരു കണക്ക് കാണിച്ചു തന്നിട്ട് ചേട്ടൻ പൊയ്ക്കളഞ്ഞു ഒരു കണക്ക് കാണിച്ചു തന്നിട്ട് ചേട്ടൻ പൊയ്ക്കളഞ്ഞു അദ്ദേഹത്തിന്റെ പണമൊക്കെ അവർ എടുത്തുകളഞ്ഞു അദ്ദേഹത്തിന്റെ പണമൊക്കെ അവർ എടുത്തുകളഞ്ഞു അവളുടെ ഇഷ്ടം പോലെ എഴുതിവിടും അവളുടെ ഇഷ്ടം പോലെ എഴുതിവിടും അവൻ പലതും പറഞ്ഞുവിടും അവൻ പലതും പറഞ്ഞുവിടും ഞാൻ ബാക്കി ജോലിയൊക്കെ ചെയ്തു തീർന്നു ഞാൻ ബാക്കി ജോലിയൊക്കെ ചെയ്തു തീർന്നു ആ കഥ ഞാൻ അപ്പോഴേ പറഞ്ഞു തീർന്നു ആ കഥ ഞാൻ അപ്പോഴേ പറഞ്ഞു തീർന്നു അച്ഛന് എന്നെ എന്നും വഴക്കു പറഞ്ഞേ തീരു ുംഴക്കു പറഞ്ഞേ തീരു പറ അച്ഛന് എന്നെ എന്നും വഴക്കു പറഞ്ഞേ പറ്റൂ ഈ ജോലി നീ തന്നെ ചെയ്തേ തീരൂ ചെയ്തേ തീരൂ ഈ ജോലി നീ തന്നെ ചെയ്തേ പറ്റൂ ഈ ജോലി നീ തന്നെ ചെയ്തേ പറ്റൂ ബിൽഡ് ഡ്രിൽ മോഡൽ കൊടുക്കുന്നില്ലേ വിട്ട് വിട്ടുകൊടുക്കുന്നില്ലേ ും ആ വീട് വിട്ടുകൊടുക്കുന്നില്ലേ നൗ ഫോളോ ദോഡൽ കളഞ്ഞു വിട്ട് വിട്ടുകളഞ്ഞു വെറുതെ വെറുതെ വിട്ടുകളഞ്ഞു മന്ത്രി മന്ത്രി വെറുതെ വിട്ടുകളഞ്ഞു കള്ളക്കടത്തുകാരനെ കള്ളക്കടത്തുകാരനെ മന്ത്രി വെറുതെ വിട്ടുകളഞ്ഞു നൈൻ ബിൽഡ് ഡ്രിൽ കണ്ടിന്യൂ പറ്റൂ ശിക്ഷ ശിക്ഷിച്ചേ പറ്റൂ കുറ്റക്കാരനെ കുറ്റക്കാരനെ ശിക്ഷേ പറ്റൂ വലിയ കുറ്റക്കാരനെ ശിക്ഷിച്ചേ പറ്റൂ അത്രയും അത്രയും വലിയ കുറ്റക്കാരന് ശിക്ഷിച്ചേ പറ്റൂ തീർന്നു തീർന്നു എപ്പോഴേ എപ്പോഴേ ഉണ്ട് തീർന്നു ഞാൻ എപ്പോഴേ ഉണ്ട് തീർന്നു തീരു പഠിച്ചേ പഠിച്ചേ തീരു പാഠവും പാഠവും പഠിച്ചേ തീരു എല്ലാ എല്ലാ പാഠവും പഠിച്ചേ തീരു ഈ പുസ്തകത്തിലെ ഈ പുസ്തകത്തിലെ എല്ലാ പാഠവും പഠിച്ചേ തീരു നിങ്ങൾ നിങ്ങൾ ഈ പുസ്തകത്തിലെ എല്ലാ പാഠവും പഠിച്ചേ തീരുഷനിൽ ഞങ്ങൾക്ക് അവരെ ഇപ്പോൾ ഞങ്ങൾക്ക് അവരെ ഇപ്പോൾ വിളിച്ചേ തീരു ഞങ്ങൾക്ക് അടിച്ചേ തീരു ഞങ്ങൾക്ക് അവരെ ഇപ്പോൾ ഓടിച്ചേ തീരു അറിയിച്ചേ ഞങ്ങൾക്ക് അവരെ ഇപ്പോൾ അറിയിച്ചേ തീരൂ ഇത്ര വേഗം അവൻ വന്നു കളഞ്ഞോ പോയി ഇത്ര വേഗം അവൻ പോയി കളഞ്ഞോ ഇരുന്നു ഇത്ര വേഗം അവൻ ഇരുന്നു കളഞ്ഞോ ഓടി ഇത്ര വേഗം അവൻ ഓടിക്കളഞ്ഞോ എടുത്തു ഇത്ര വേഗം അവൻ എടുത്തു കളഞ്ഞോ തിന്നു ഇത്ര വേഗം അവൻ തിന്നുകളഞ്ഞോ വിവരങ്ങളെല്ലാം അവൻ പറഞ്ഞു കൊടുക്കണം എഴുതി വിവരങ്ങളെല്ലാം അവൻ എഴുതി കൊടുക്കണം വിവരിച്ചു വിവരങ്ങളെല്ലാം അവൻ വിവരിച്ചു കൊടുക്കണം മനസ്സിലാക്കി വിവരങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി കൊടുക്കണം എന്റെ അമ്മ എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നു എഴുതി എൻറെ അമ്മ എനിക്ക് പാട്ട് എഴുതി തന്നു പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് പാട്ട് പറഞ്ഞു തന്നു കേൾപ്പിച്ചു എൻ്റെ അമ്മ എനിക്ക് പാട്ട് കേൾപ്പിച്ചു തന്നു എങ്ങനെയോ അതെല്ലാം പറഞ്ഞുവിട്ടു എഴുതി എങ്ങനെയോ അതെല്ലാം എഴുതിവിട്ടു അറത്തു എങ്ങനെയോ അതെല്ലാം അറുത്തുവിട്ടു വായിച്ചു എങ്ങനെയോ അതെല്ലാം വായിച്ചുവിട്ടു റീസ്റ്റേറ്റ്മെന്ററിൽ മോഡൽ വൺ എനിക്ക് എഴുതണം എനിക്ക് എഴുതിയേ തീരു എനിക്ക് എഴുതിയേ പറ്റൂ നൗ ഫോളോ ദ മോഡൽ അദ്ദേഹത്തിന് മന്ത്രിയെ കണ്ടു പറയണം അദ്ദേഹത്തിന് മന്ത്രിയെ കണ്ട് പറഞ്ഞേ തീരൂ അദ്ദേഹത്തിന് മന്ത്രിയെ കണ്ട് പറഞ്ഞേ പറ്റൂ അവൾക്ക് ഇന്നു തന്നെ ഒരു കത്ത് എഴുതണം അവൾക്ക് ഇന്ന് ഒരു കത്ത് എഴുതിയേ തീരൂ അവൾക്ക് ഇന്ന് ഒരു കത്ത് എഴുതിയേ പറ്റൂ ഇന്നെങ്കിലും നമുക്ക് കുട്ടികളെ നേരത്തെ വിടണം ഇന്നെങ്കിലും നമുക്ക് കുട്ടികളെ നേരത്തെ വിട്ടേ തീരൂ ഇന്നെങ്കിലും നമുക്ക് കുട്ടികളെ നേരത്തെ വിട്ടേ പറ്റൂ എനിക്ക് ദിവസവും രാവിലെ രണ്ടു മൈൽ നടക്കണം എനിക്ക് ദിവസവും രാവിലെ രണ്ടു മൈൽ നടന്നേ തീരൂ എനിക്ക് ദിവസവും രാവിലെ രണ്ടു മൈൽ നടന്നേ പറ്റൂ അദ്ദേഹത്തിന് എന്നും ചൂടുവെള്ളത്തിൽ കുളിക്കണം മോഡൽ നിങ്ങൾ ആ കയർ അറക്കൂ നിങ്ങൾ ആ കയർ നീ തീരുടെ പോയേ തീരൂ നിങ്ങൾ ആ ഉടുപ്പ് ഇന്ന് തയ്ക്കൂ നിങ്ങൾ ആ ഉടുപ്പ് ഇന്ന് തച്ചേ തീരൂ പഴയ ആചാരമര്യാദകളൊക്കെ നിങ്ങൾ കളയൂ പഴയ ആചാരമര്യാദകളൊക്കെ നിങ്ങൾ ആ സിനിമ ഇന്ന് തന്നെ നീ കാാണ് ആ സിനിമ ഇന്നു തന്നെ നീ കണ്ടേ തീരൂ ഡ്രിൽ മോഡൽ വൺ ജോലിയൊക്കെ ചെയ്തോ ഓഹോ എപ്പോഴേ ചെയ്തു എന്റെ ചേട്ടനും എനിക്ക് വേണ്ടി കുറച്ച് ചെയ്തു തന്നു നൗ ഫോളോ ദ മോഡൽ പാഠമൊക്കെ എഴുതിയോ ഓഹോ എപ്പോഴേ എഴുതി എന്റെ ചേട്ടനും എനിക്ക് വേണ്ടി കുറച്ച് എഴുതി തന്നു നീ പടമൊക്കെ വരച്ചോ നീ പുസ്തകമൊക്കെ വായിച്ചോ മോഡൽ ടു എന്റെ പേന ആരെ ആ പുതിയ പേനയോ അത് അവൻ അന്നേ എടുത്തു കളഞ്ഞില്ലേ നൗ ഫോളോ ദോഡൽ നീ അവനോട് ആ കാര്യം പറഞ്ഞോ അദ്ദേഹം അങ്ങനത്തെ ഒരെഴുത്ത് എഴുതിയോ രവിയും മധുവുമൊക്കെ പോയോ അതുപോലത്തെ ഒരു പുസ്തകം അവനും വാങ്ങിച്ചോ